ം മൂന്ന് അനന്തരം ശലോമോൻ യരുഷലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോര്യ പർവ്വതത്തിൽ യബൂസ്യനായ ഒർണാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി തന്റെ വാഴ്ചയുടെ നാലാമാണ്ടിൽ രണ്ടാം മാസം രണ്ടാം തീയതിയായിരുന്നു അവൻ പണി തുടങ്ങിയത് ദേവാലയം പണിയേണ്ടതിന് ശലോമോനിട്ട അടിസ്ഥാനത്തിന്റെ പരിമാണമോ മുമ്പിലത്തെ അളവിൻ പ്രകാരം അതിന്റെ നീളം അറുപത് മുഴം വീതി ഇരുപത് മുഴം മുൻഭാഗത്തുള്ള മണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്ക് ഒത്തവണ് ഇരുപത് മുഴം നീളവും നൂറ്റി മുഴം ഉയരവും ഉണ്ടായിരുന്നു അതിന്റെ അകം അവൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു വലിയ ആലയത്തിന് അവൻ സരളമരം കൊണ്ട് മച്ചിട്ടു അതിനെ തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന്മേൽ ഈന്തപ്പനയും ലതയും കൊത്തിച്ചു അവൻ ഭംഗിക്കായിട്ട് ആലയത്തെ രത്നം കൊണ്ട് അലങ്കരിച്ചു പൊന്നോ പർവ്വയും പൊന്ന് അവൻ ആലയവും ും കാലുകളും ചുവരുകളും കഥകുകളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു ചുവരിന്മേൽ കെരൂപകളെയും കൊത്തിച്ചു അവൻ അതിവിശുദ്ധ മന്ദിരവും ഉണ്ടാക്കി അതിന്റെ നീളം ആലയത്തിന്റെ വീതിക്ക് ഒത്തവണ്ണം ഇരുപത് മുഴവും വീതി ഇരുപത് മുഴവും ആയിരുന്നു അവൻ അറുന്നൂറ് തലന്ത് തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു ആണികളുടെ തൂക്കം അമ്പത് ശേഖൽ പൊന്ന് ആയിരുന്നു മാളിക മുറികളും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു അതിവിശുദ്ധ മന്ദിരത്തിൽ അവൻ കൊത്തുപണിയായ രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു കെരൂപുകളുടെ ചിറകുകളുടെ നീളം ഇരുപത് മുഴ ഒന്നിന്റെ ഒരു ചിറക് ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി അഞ്ചു മുഴവും മറ്റു ചിറക് മറ്റേ കരൂപിന്റെ ചിറകോട് തൊടുന്നതായി അഞ്ചു മുഴവും ആയിരുന്നു മറ്റേ കരൂപിന്റെ ഒരു ചിറക് ആലയത്തിന്റെ ചുവരോട് തൊടുന്നതായി അഞ്ചു മറ്റേ ചിറക് മറ്റേ കരൂപിന്റെ ചിറകോട് തൊടുന്നതായി അഞ്ചു ആയിരുന്നു ഈ കരൂപുകളുടെ ചിറകുകൾ ഇരുപതു മുഴം നീളത്തിൽ വിടർന്നിരുന്നു അവ കാലൂന്നിയും മുഖം അകത്തോട്ടു തിരിഞ്ഞും നിന്നിരുന്നു അവൻ നീലനൂൽ തൂമ്രനൂൽ ചുവപ്പുനൂൽ ചണനൂൽ എന്നിവ കൊണ്ട് തിരശ്ശീല ഉണ്ടാക്കി അതിന്മേൽ കെരൂബുകളെയും നെയ്തുണ്ടാക്കി അവൻ ആലയത്തിന്റെ മുമ്പിൽ മുപ്പത്തഞ്ചു മുഴം ഉയരമുള്ള രണ്ട് സ്തംഭമുണ്ടാക്കി അവയുടെ തലയ്ക്കിലുള്ള പോതികയ്ക്ക് അയ്യഞ്ചുമുഴം ഉയരമുണ്ടായിരുന്നു അന്തർമന്ദിരത്തിൽ ഉള്ള മാലകളെ അവനുണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ വെച്ചു നൂറ് മാതളപ്പഴവും ഉണ്ടാക്കി മാലകളിൽ കോർത്തിട്ടു അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന്റെ മുമ്പിൽ ഒന്ന് വലത്തും മറ്റേത് ഇടത്തും നിർത്തി വലത്തേതിന് യാഖീനെന്നും ഇടത്തേതിന് ബോവസ് എന്നും പേർവിളിച്ചു